ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം ഇത് ഇസ്രയേലിന് ഹോമപീഠമെന്ന് ദാവീദ് പറഞ്ഞു അനന്തരം ദാവീദ് ഇസ്രയേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടി വരുത്തുവാൻ കൽപ്പിച്ചു ദൈവത്തിന്റെ ആലയം പണിയുവാൻ ചതുരക്കല്ല് ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു ീദ് പടിവാതിൽ കഥകളുടെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാതെ വളരെ താമ്രവും അനവധി ദേവദാരുവും ഒരുക്കിവച്ചു സീതോന്യരും സൂര്യരും അനവധി ദേവദാരു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളപ്രായവുമുള്ളവൻ ആകുന്നു യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കണം ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം ദാവീദ് പറഞ്ഞു അങ്ങനെ ദാവീദ് തന്റെ മരണത്തിന് മുമ്പേ ധാരാളം വട്ടം അവൻ തന്റെ മകനായ ശലോമോനെ വിളിച്ച് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരാലയം പണിവാൻ കൽപ്പന കൊടുത്തു ദാവീദ് ശലോമനോട് പറഞ്ഞത് മകനെ ഞാൻ തന്നെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിവാൻ താൽപര്യപ്പെട്ടിരുന്നു എങ്കിലും എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്നാൽ നീ വളരെ രക്തം ചിന്തി വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട് നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത് നീ എന്റെ മുമ്പാകെ ഭൂമിയിൽ ബഹുരക്തം ചിന്തിയിരിക്കുന്നു എന്നാൽ നിനക്ക് ഒരു മകൻ ജനിക്കും അവൻ വിശ്രമ പുരുഷനായിരിക്കും ഞാൻ ചുറ്റുമുള്ള അവന്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും അവന്റെ പേർ ശലോമോൻ എന്ന് അവന്റെ കാലത്ത് ഞാൻ ഇസ്രയേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും അവൻ എനിക്ക് മകനായും ഞാൻ അവന് അപ്പനായും ഇരിക്കും ഇസ്രയേലിൽ അവന്റെ രാജാസനം ഞാൻ എന്നേക്കും നിലനിൽക്കുമാറാക്കും ആകയാൽ എന്റെ മകനെ യഹോവ നിന്നോടു കൂടെ ഇരിക്കുമാറാകട്ടെ നിന്റെ ദൈവമായ ഹോവ നിന്നെക്കുറിച്ച് അരുളി നീ കൃതാർത്ഥനായി അവന്റെ ആലയം പണിക നിന്റെ ദൈവമായ ഹോവയുടെ ന്യായപ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ഞാനോ വിവേകവും നിന്നെ ഇസ്രയേലിന് നിയമിക്കുമാറാകട്ടെ യഹോവ ഇസ്രയേലിനുവേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് ആചരിക്കുന്നു എങ്കിൽ നീ കൃതാർത്ഥനാകും ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കേമരുത് ഇതാ ഞാൻ എന്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി ഒരു ലക്ഷം താലന്ത് പൊന്നും പത്തുലക്ഷം താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട് മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കിവച്ചിരിക്കുന്നു നിനക്ക് ഇനിയും അതിനോട് ചേർത്തുകൊള്ളാമല്ലോ നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ കൽപ്പണിക്കാർ ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും സകലവിധ കൗശലപ്പണിക്കാരും ഉണ്ടല്ലോ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട് ഉത്സാഹിച്ച് പ്രവർത്തിച്ചു കൊള്ളുക യഹോവ നിന്നോടു കൂടെ ഇരിക്കുമാറാകട്ടെ ദാവീദ് േലിന്റെ സകല പ്രഭുക്കന്മാരോടും തന്റെ മകനായ ശലോമോനെ സഹായിപ്പാൻ കൽപ്പിച്ചു പറഞ്ഞത് നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളോടു കൂടെ ഉണ്ടല്ലോ അവൻ നിങ്ങൾക്ക് ചുറ്റും വിശ്രമം വരുത്തിയിരിക്കുന്നു അവൻ ദേശനിവാസികളെ എന്റെ കയ്യിൽ ദേശം യഹോവയ്ക്കും അവന്റെ ജനത്തിനും കീഴടങ്ങിയുമിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ ദൈവമായ ഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചുകൊടുപ്പീൻ എഴുന്നേൽപ്പീൻ യഹോവയുടെ നിയമപ്പെട്ടവും ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളും യഹോവയുടെ നാമത്തിന് പണിവാനുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിവി